വേദക്കാർക്കിടയിൽ അക്രമം ചെയ്തവരൊഴികെയുള്ളവരോട് ഏറ്റവും നല്ല രീതിയിലല്ലാതെ നിങ്ങൾ തർക്കിക്കരുത് നിങ്ങൾ പറയുക ഞങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും നിങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും ഏകനാണ് ഞങ്ങൾ അവന് കീഴ്പ്പെട്ടവരുമാകുന്നു